ദൈവനാമത്തിൻ്റെ മഹത്വം ഈ വെള്ളിയാഴ്ചയും നമുക്ക് ഒന്നിച്ച് കൂടി ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ദൈവയുടെ നമ്മൾ ബൈബിൾ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ നിന്ന് അതിൻ്റെ അവസാന ഭാഗത്ത് കാണുന്ന കാര്യങ്ങളെ നമുക്ക് നോക്കാം അവിടെ അതിൻ്റെ ഇരുപത്തി മുതൽ നമ്മൾ വായിക്കുന്നത് കർത്താവായി യേശു താനൊരു കഴുത കുട്ടി മേൽ കയറിക്കൊണ്ട് എരിശിലേ നഗരത്തിലേക്ക് വരുന്നതും നഗരത്തെ സമീപിച്ചപ്പോൾ അതിനെ കണ്ട കരയുന്നതുമായ കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ വായിക്കുന്നത് നമുക്ക് വളരെ പരിചിതമായ കാര്യമാണ് നമ്മൾ അവിടെ കാണുന്നത് കഴുതക്കുട്ടിമേൽ അവിടെ നിന്ന് കയറി വന്നു നമ്മൾ അവിടെ എരിശിലൈ നഗരത്തെ താന് കണ്ടപ്പോൾ ദൂരെ നിന്ന് കഴുതക്കുട്ടിമേൽ ഇരുന്നു കൊണ്ട് നഗരത്തെ കാണുകയും ആ നഗരത്തെ സമീപിച്ചപ്പോൾ തിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത് നോക്കുക നമ്മൾ കർത്താവ് കഴുത കുട്ടി മേൽ കയറി ഇറങ്ങി വരുന്നത് ഒലിയുമലയുടെ ഇറക്കമാണ് ഇറങ്ങി വരുന്നത് ഒലിയുമല ഒലിയുമല എന്ന് പറയുന്നത് ഇരിശിലേ നഗരത്തിൻ്റെ മൂന്ന് കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ട് കാണുന്ന ഒരു മലയാണ് ഒലിയുമല വളരെ പ്രശസ്തമായ ഒലിയുമല ആ ഒലിവുമലയുടെ ഇറക്കം ഇറങ്ങി കർത്താവ് വരിയായിരുന്നു അതിൻ്റെ ലൂക്കോസിൻ്റെ സുശേഷം പത്തൊൻപതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം നോക്കുക അവൻ ഒലിവുമലയുടെ ഇറക്കത്തിനടുത്തെത്തിയപ്പോൾ കർത്താവ് അങ്ങനെ ആ ഇറക്കമിറങ്ങി ആ താഴ്വരയിലേക്ക് വരുമ്പോൾ തനിക്ക് എന്ത് കാണാം അകലെ ദൂരത്തായിട്ട് എരിശിലേ നഗരത്തേക്കാണാം യരിശിലേ നഗരം വിശേഷിച്ച് എരിശിലേ നഗരത്തിലെ ആ ദേവാലയം ആ ഉലുവലയുടെ ഇറക്കമിറങ്ങി തെക്ക് പടിഞ്ഞാറോട്ട് വരുമ്പോൾ കാണാനായിട്ട് കഴിയും ഞാൻ പറഞ്ഞത് എരിശിലൈ നഗരത്തിന് മൂന്ന് കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ടാണ് ഉലുവമല ആ ഉലുവമലയുടെ ഇറക്കമിറങ്ങി താഴ്വരയിലേക്ക് വരുമ്പോൾ അവിടെ ഇതാ അവിടെ യരിശിലേ നഗരവും വിശേഷാൽ ആ ദേവാലയവും യഹൂദൻ്റെ ദേവാലയവും അവിടെ കർത്താവിനെ കാണാനായിട്ട് കഴിയും ഈ താഴ്വട്ടിറങ്ങി വരുമ്പോൾ അവിടെയാണ് കിന്ദ്രോൻ താഴ്വരയും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് ഒലിയുമലയ്ക്കും എരിശിലേനഗരത്തിനും ഇടയിലായിട്ടാണ് ആ കിദ്രോൻ തോട് അതും സ്ഥിതി അപ്പോൾ ആ കിദ്രോൻ തോടിന്റെ ആ താഴ്വാരത്തേക്ക് ഇറങ്ങി വരുമ്പോ കർത്താവിന് ദൂരെ എരിശിനേ നഗരം കാണാം പ്രത്യേകിച്ചും ആ ദേവാലയം കാണാം ആ ദേവാലയം കാണുമ്പോൾ കർത്താവ് ആ നഗരം കാണുമ്പോ ഇതെല്ലാം പല കാര്യങ്ങൾ വരാൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്ത് കർത്താവ് അതിനെക്കുറിച്ച് കരഞ്ഞു നമുക്കറിയാമല്ലോ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിച്ചു ക്രൂശിച്ചിട്ട് അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലും തലമേലും വരട്ടെ എന്ന് അവരെ ആക്രോശിച്ചു നിലവിളിച്ചു അതിൻ്റെയൊക്കെ ഫലമെന്നുള്ള മട്ടിൽ എ ഡി എഴുപതില് യരിശലൈ നഗരം നശിപ്പിക്കപ്പെട്ടു ദേവാലയവും അങ്ങനെ നശിച്ചു പോയ ചരിത്രവും ഇസ്രായേൽ പലയിടത്തായിട്ട് ചെതറിപ്പോയ ചരിത്രവും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അത് നമ്മൾ ആ ഭാഗം കർത്താവ് ഖിദ്രോൻ താഴ്വരയുടെ ഇറക്കമിറങ്ങി വരുമ്പോൾ ഈ നഗരത്തെക്കുറിച്ച് വിലപിക്കുന്നതാണ് നാൽപ്പത്തൊന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് ഈ നാളിൽ നിൻ്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞുകൊ അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് നഗരത്തെക്കുറിച്ച് കർത്താവ് പറയുന്നു അതിൻ്റെ മേൽ വരുന്ന ആ ന്യായവിധിയെക്കുറിച്ച കർത്താവ് പ്രവചിക്കുന്നു കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇരിക്കുന്ന കാലം വരും എന്നെല്ലാം പറയുന്നു അതിൻ്റെ നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി വരെയുള്ള വാക്യങ്ങൾ നോക്കുക ഇതെല്ലാം കർത്താവ് പ്രവചിക്കുന്നത് ആ ഒലിമലയുടെ ഇറക്കമിറങ്ങി താഴ്വാരത്തേക്ക് കിതിരൻ തോടിൻ്റെ ആ ഭാഗത്തേക്ക് വരുമ്പോൾ വരുമ്പോഴാണ് കർത്താവ് ഇങ്ങനെ യരിശിലെ നഗരത്തിന് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പ്രവചിക്കുന്നു നമ്മളെ പ്രിയപ്പെട്ടവർ എരിശിലെ നഗരത്തെക്കുറിച്ച് കർത്താവ് ഇതേ മാനസിക നിലയിൽ ഇതേ ദുഃഖത്തോടെ തന്നെ പറഞ്ഞ ചില വാക്യങ്ങൾ നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയും പതിമൂന്നാമധ്യായം അതിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം ലൂക്കോസ് പതിമൂന്നിൻ്റെ മുപ്പത്തിനാല് എരിശിലെ നഗരത്തെക്കുറിച്ച് കർത്താവ് നേരത്തെ പറയുന്ന ഇതേ ആത്മാവിൽ ആ നഗരത്തിന് വരാൻ പോകുന്ന നാശനഷ്ടങ്ങളെ കുറിച്ച് തന്നെ കണ്ടുകൊണ്ട് ഈ അതേ ദുഃഖത്തോടെ പറയുന്ന വാക്യങ്ങളാണ് പതിമൂന്നിൻ്റെ മുപ്പത്തിനാലിൽ കാണുന്നത് അവിടെ നമ്മൾ വായിക്കുന്നു എരിശിലേമേ എരിശിലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുമ്പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്ത് എനിക്ക് മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല കർത്താവ് അവിടെ പറയുകയാണ് ഈ എരിശിലേ നഗരത്തിന് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് കർത്താവ് പറയുന്നു ഇവിടെ കണ്ടോ എരിശിലേമേ എരിശിലേമേ എന്ന് രണ്ടു വട്ടം പറഞ്ഞുകൊണ്ടാണ് കർത്താവായ യേശു ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില പേരുകൾ രണ്ടു വട്ടം വിളിക്കുന്നത് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട് ഷീമോനെ ഷീമോനെ മാർത്തേ മാർത്തേ ഇരിശിലേമേ ഇരിശിലേമേ കണ്ടോ സുവിശേഷങ്ങളിൽ നമ്മൾ പലയിടത്ത് കർത്താവ് ചില പേരുകൾ പറയുമ്പോൾ അത് രണ്ടു വട്ടം പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ഷിമോൻ പത്രോസിനോട് പറയുന്നുണ്ട് ഒരു രംഗം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിയൊന്നിലാണ് ഷിമോൻ പത്രോസും ഒക്കെ കൂടെ തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ ചൊല്ലി വാദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ കർത്താവ് അതിലിടപെട്ടിട്ട് കർത്താവ് പറയുകയാണ് ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തി ഒന്നിൽ ഷീമോനെ ഷീമോനെ സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു ഞാനും നിൻ്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാ പറയുന്നു ലൂക്കോസിൻ്റെ സുശേഷം പത്താം അധ്യായം എൻ്റെ നാൽപ്പത്തൊന്നാം വാക്യത്തിൽ നമ്മൾ ഇതേപോലെ തന്നെ മാർത്തയുടെ പേര് രണ്ടു വട്ടം വിളിക്കുന്നത് കാണുന്നു മാർത്തേ മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും അല്പമേ വേണ്ടു അല്ല ഒന്ന് മതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു നമുക്ക് ആ സംഭവങ്ങളൊക്കെ അറിയാം ഞാനത് വിശദീകരിക്കുന്നില്ല ആ ഇവിടെ ഷിമോനെ ഷിമോനെ എന്ന് പറയുന്നു മാർത്തേ മാർത്തേ എന്ന് പറയുന്നു എന്നാൽ ലൂക്കോസ് പതിമൂന്നിൻ്റെ മുപ്പത്തിനാലിൽ ഒരു വ്യക്തിയെ അല്ല മറിച്ച് ഒരു നഗരത്തെ എരിശിലേമേ എരിശിലേമേ കണ്ടോ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരമാണ് ഈ മൂന്ന് രംഗങ്ങളിലും പേര് ആവർത്തിച്ചു പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പത്രോസിനെ നോക്കുമ്പോൾ ആ പത്രൂസിനെ പിശാജ് കോതമ്പ് പോലെ പാറ്റുന്ന ആ രംഗങ്ങളൊക്കെ വരാൻ പോകുന്നു എന്നാൽ അങ്ങനെ പാറ്റണ്ടെന്നല്ല പറയുന്നത് പാറ്റിയാലും അവൻ്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ആ കാര്യം ഓർത്ത് പറയുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ അവനെ കുറിച്ചൊരു കൺസേൺ ഉണ്ട് ഒരു പാരമുണ്ട് അതുകൊണ്ട് കർത്താവ് പറയുമ്പോൾ ലൂക്കോസ് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്നിൽ പറയുന്നു ഷിമോനെ ഷീമോനെ അതുപോലെ തന്നെ മാർത്ത നല്ല ഹൃദയമുള്ളവളാണ് എന്നാൽ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തെടുത്തതുപോലെ അവൾ അതിന് തയ്യാറാകാതെ അവൾ തൻ്റെ സഹോദരിയെക്കുറിച്ച് പരാതിയുമൊക്കെ ആയിട്ട് വരുമ്പോൾ കർത്താവ് അവളെ നോക്കിയിട്ടവളെ അവളോട് പറയുക മാർത്തേ മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മലങ്ങനങ്ങിയിരിക്കുന്നു എന്നാൽ അല്പമേ വേണ്ടുവല്ല ഒന്ന് മതി എന്നു പറഞ്ഞതുപോലെ ഇവിടെയും ഇതാ എരിശിലേമേ എരിശിലേമേ ഇവിടെയും കർത്താവിന് ഈ നഗരത്തെ ഓർത്തും മറ്റ് നേരത്തെ പറഞ്ഞ രണ്ട് വ്യക്തികളെ കുറിച്ചുള്ളതുപോലെ തന്നെ അതേ അതേ കൺസേണ് ഈ നഗരത്തെ കുറിച്ചുമുണ്ട് കാരണം ഈ നഗരം അവിടെയാണ് ദേവാലയം തനിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള താല്പര്യത്തിൽ തന്നെ പറയുന്നു എരിശ്ലൈമേ എരിശ്ലൈമേ നിന്നെ എൻ്റെ ചിറകൻ കീഴിൽ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ ചേർത്ത് കൊള്ളുന്നത് പോലെ ചേർപ്പാൻ എനിക്ക് മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല നമ്മള് ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തോട് ചേർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് ഇന്നും നമ്മുടെ ലോകത്തെ നോക്കുമ്പോ അതൊരു പക്ഷേ ഈ മുഴുവൻ ലോകമാകാം വിശ്വാസ ലോകമാകാം കർത്താവ് ഇപ്പോഴും ആളുകളെ സംരക്ഷിക്കുകയും കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ ചേർക്കുകയും ചെയ്യുന്നത് ആളുകളെ ചേർത്താനായിട്ടാണ് കർത്താവിൻ്റെ ആഗ്രഹം കർത്താവ് ഭൂമിയിൽ വന്നത് രക്ഷിപ്പാനായിട്ടാണല്ലോ കർത്താവ് വന്നത് അപ്പോൾ കർത്താവ് ഇന്നും ആഗ്രഹിക്കുന്നത് ആളുകൾ രക്ഷ രക്ഷയിലേക്ക് വരണമെന്നുള്ളതാണ് ഇന്നത്തെ ലോകത്തെ നോക്കുമ്പോഴൊക്കെ താന് അവരെ ചേർത്തുകൊള്ളുവാൻ മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല അതുപോലെ വിശ്വാസ ലോകത്തെ അങ്ങനെയൊക്കെ തന്നെയാണ് യേശു നോക്കുമ്പോ ഇവിടെ യരിശിലവെന്ന് പറയുന്നത് ഒരളവിൽ ആ ഇന്നത്തെ സഭയ്ക്കും ആ ഒക്കെ ഒരു നിഴലായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുമല്ലോ അതിനെ ആ നിലയിലെ കർത്താവിൻ്റെ ഹിതം പോലെ അതായി തീരാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് മനസ്സായില്ല കർത്താവിൻ്റെ ദുഃഖമാണ് ആ ദിവ്യമായ ദുഃഖമാണ് ഇവിടെ പ്രകടമാകുന്നത് അതുകൊണ്ടാണ് എരിസ്ലേമേ ഇരിസ്ലേമേ എന്ന് രണ്ടു വട്ടം പറഞ്ഞത് നമുക്ക് വേണമെങ്കിലും ചിന്തിക്കാം കർത്താവ് ഇതുപോലെ തന്നെ കരഞ്ഞ രംഗങ്ങൾ മൂന്നെണ്ണം നമ്മൾ കാണുന്നുണ്ടല്ലോ യേശു കണ്ണുനീർ വാർത്തു എന്ന് യോഹനൻ പതിനൊന്നിന്റെ മുപ്പത്തഞ്ചിൽ നമ്മൾ കാണുന്നു ലാസറിന്റെ കല്ലറയ്ക്കലാണ് മറിയും അവളോടുകൂടെ യഹൂദന്മാരെയും കരയുന്നത് കണ്ടിട്ട് യേശു ഉള്ളം കലങ്ങി യേശു കണ്ണുനീർ വാർത്തു മർക്കോസിന്റെ സുശേഷം മൂന്നിന്റെ അഞ്ചിലും യേശു അവരുടെ ഹൃദയകാഠിന്യം നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി ഇംഗ്ലീഷിൽ നമ്മളത് കാണുന്നത് ഹി ഈസ് ഗ്രേറ്റ്ലി ഗ്രീവ്ഡ് ഡീപ്ലി ഡിസ്റ്റർബ് കർത്താവ് അവിടെ ദുഃഖിച്ചു മൂന്നാമത് നമ്മൾ കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതിൻ്റെ നാൽപ്പത്തൊന്നിലാണ് അവിടെയാണ് എരിസ്ലേമിനെ സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അവൻ കരഞ്ഞു എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് കർത്താവ് കരഞ്ഞ മൂന്ന് രംഗങ്ങളാണ് ഇപ്പോഴാണ് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാ മൂന്ന് രംഗങ്ങൾ ഒന്ന് ലാസറിന്റെ കല്ലറയിൽ കരഞ്ഞു അത് പക്ഷേ ഏറെക്കുറെ ഒരു നിശബ്ദമായ കരച്ചിലായിരുന്നു യേശു കണ്ണുനീർ വാർത്തു ഹീഷ് സൈലന്റ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മർക്കോസ് മൂന്നിന്റെ അഞ്ചിലോ അവിടെയും അടക്കിപ്പിടിച്ച ഒരു കരച്ചിലായിരുന്നു അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം ഒരു അടക്കിപ്പിടിച്ച കരച്ചിലായിരുന്നു എന്നാൽ ലൂക്കോസ് പത്തൊൻപതിൻ്റെ നാൽപ്പത്തൊന്നിൽ ഇരിശിലേമിനെ കണ്ടപ്പോ അത് ഉറക്കയുള്ള ഒരു വിലാപമായിട്ടാണ് നമ്മളവിടെ കാണുന്നത് അവിടെ അതിൻ്റെ ഗ്രീക്കിലെ ആ വാക്ക് ലൂക്കോസ് പത്തൊൻപതിൻ്റെ നാൽപ്പത്തൊന്നിൽ അവിടെ കരഞ്ഞു എന്ന് പറയുന്നത് മത്തായി എഴുതിയ സുവിശേഷം രണ്ടിൻ്റെ പതിനേഴിൽ റാമയിൽ ഒരു ശബ്ദം കേട്ടു കരച്ചിലും വലിയ നിലവിളിയും എന്ന് പറയുന്ന അതേ വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് വേദപണ്ഡിതന്മാരെ പറയുന്നത് അപ്പം ഉറക്കയുള്ള വിലാപമാണ് ഓർക്കുക കർത്താവ് അത്രയും ജനത്തിൻ്റെ മുൻപാകെ ഉറക്കെ ആ നഗരത്തെ ഓർത്ത് നിലവിളിക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിന്റെ ഭാരം എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് നഗരത്തെ നോക്കി ഉറക്കെ നിലവിളിച്ചു എന്നാണല്ലോ നമ്മൾ ഇപ്പോഴേ ചിന്തിച്ചത് കർത്താവ് മൂന്നിടത്ത് കരഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ കർത്താവ് ആളുകളുടെ മുമ്പാകെ നിലവിളിച്ചു എന്നുള്ള അതേ വാക്കാണ് നമ്മൾ വായിക്കുന്നത് ഉറക്ക വിലപിച്ചു ഈ എരിശിലേ നഗരത്തിനെ കുറിച്ച് സത്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിനെ കുറിച്ച് ഒരു വിലാപം തന്നെ ബൈബിളിലുണ്ട് നമ്മൾ പഴയ നിയമത്തിൽ വിലാപങ്ങളുടെ പുസ്തകം വിലാപങ്ങളുടെ പുസ്തകം അത് അത് തുടങ്ങുന്നത് നമ്മൾ വായിക്കുമെന്നല്ലോ വിലാപങ്ങൾ ഒന്നിൻ്റെ ഒന്ന് അയ്യോ ജനപൂർണയായിരുന്ന നഗരം ഏകാന്തി ആയിരിക്കുന്നത് എങ്ങനെ ജാതികളിൽ മഹതി ആയിരുന്നവൾ വിധവയെപ്പോലെ ആയതെങ്ങനെ ഈ രംഗം നമുക്കറിയാം ഈ വിലാപങ്ങൾ എന്ന് പറയുന്നത് യരിശിലൈ നഗരത്തിന് വന്ന ആ നാശം കണ്ടിട്ട് ഇരമ്യാപ്രവാചകൻ എഴുതിയ പുസ്തകമാണല്ലോ വിലാപങ്ങളുടെ പുസ്തകം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കർത്താവായ യേശു ക്രിസ്തു നഗരത്തെ നോക്കി വിലപിച്ചു എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ യരിശലേ നഗരത്തിന് വന്ന ന്യായവിധിയെ ഓർത്ത പഴയ നിയമത്തിൽ വിലപിച്ച ഒരു പുസ്തകം തന്നെയുണ്ട് നമുക്കിതിൻ്റെ പശ്ചാത്തലം അറിയാമെങ്കിലും ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ വിശദീകരിക്കാം അതായത് നമ്മൾ പഴയ നിയമത്തിൽ പതിനാറ് എഴുത്തുകാർ പതിനേഴ് പ്രവചന ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാമല്ലോ ഐശയ്യാവ് മുതൽ മലാഖി വരെ പതിനേഴ് പ്രവചന ഗ്രന്ഥങ്ങൾ അത് പതിനാറ് എഴുത്തുകാരാണ് എഴുതിയിട്ടുള്ളത് കാരണം ഇരമ്യാവ് രണ്ട് പുസ്തകങ്ങൾ എഴുതി ഇരമ്യാവിൻ്റെ പുസ്തകവും വിലാപങ്ങളും ഇരമ്യാവ് തന്നെയാണ് എഴുതിയത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ വിലാപങ്ങൾ എഴുതിയ ഇരമ്യാവ് താന് ബാബേൽ പ്രവാസത്തിന് തൊട്ടു മുമ്പ് തൊട്ടു മുമ്പ് പ്രവചന ശുശ്രൂഷ നിർവഹിച്ചിരുന്ന ഒരു പ്രവാചകനാണ് നമ്മളെ പ്രവാചകന്മാരെ ബാബേൽ പ്രവാസത്തിന് മുമ്പ് ബാബേൽ പ്രവാസ കാലത്ത് ബാബേൽ പ്രവാസത്തിന് ശേഷം എന്നൊക്കെ ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ച് പഠിക്കാറുണ്ടല്ലോ അതിലെ ഇരമ്യാവ് ബാബേൽ പ്രവാസത്തിന് മുമ്പ് തൊട്ട് മുമ്പ് തൻ്റെ പ്രവചന ശുശ്രൂഷ വലിയ ഒരളവിൽ നിർവഹിച്ച ഒരാളാണ് അപ്പോൾ തന്നെ ബാബേൽ പ്രവാസം ആരംഭിച്ചപ്പോ അതായത് ബാബേലിൽ നിന്ന് രാജാവ് വന്ന് ഈ നഗരത്തെ നശിപ്പിച്ച് അവിടെ ഉള്ളവരെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്ത ആ രംഗം അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ നേരത്തെ ഒരിക്കലെ രണ്ട് ദിനവൃത്താന്തങ്ങളിൽ നമ്മൾ വായിച്ചതാണ് നമ്മൾ ഒരിക്കലെ ചിന്തിച്ചതാണ് രണ്ട് ദിനവൃത്താന്തം അതിൻ്റെ ഒടുവിലത്തെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ മുപ്പത്തിയാറാമത്തെ മുപ്പത്തിയാറാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ യൗവനക്കാര് വാ വാൾ കൊണ്ടു കൊന്നു ആലയത്തിലെ വിശേഷ വസ്തുക്കളൊക്കെ എടുത്തുകൊണ്ട് പോയി ബാബേൽ പ്രവാസത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്ന ആ രംഗം ആ രംഗം ബാബേൽ പ്രവാസവും ഇരമ്യാവ് നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ പറഞ്ഞു വന്നത് ഇരമ്യാവ് ബാബേൽ പ്രവാസത്തിന് തൊട്ട് മുമ്പ് പ്രവചന നിർവഹിച്ച ഒരു പട്ടികയിലാണ് അദ്ദേഹത്തെ പെടുത്തിയിരിക്കുന്നതെങ്കിലും താൻ ആ ബാബേൽ പ്രവാസ കാലവും കുറച്ച് താൻ അതിലൂടെ കടന്നു അതിലൂടെയും കടന്നു പോയ ഒരു വലിയ പ്രവാചകനാണ് ആ ഇരമ്യാവ് ഈ എരിശിലെ നഗരത്തിനും ഇസ്രായേലിനും സംഭവിച്ച ആ കെടുതികൾ കണ്ടുകൊണ്ട് താന് വിലപിച്ചതാണ് വിലാപങ്ങൾ എന്ന് പറയുന്ന ആ പുസ്തകം വിലാപങ്ങളുടെ പുസ്തകം ഈ വിലാപങ്ങളുടെ പുസ്തകം നമ്മൾ നോക്കുമ്പോൾ അത് വളരെ പ്രത്യേകതയുള്ള പുസ്തകമാണ് അഞ്ച് അധ്യായങ്ങളാണ് അതിനുള്ളത് അതിൻ്റെ ഒന്ന് രണ്ട് നാല് അഞ്ച് എന്ന് പറയുന്ന നാല് അധ്യായങ്ങളിൽ ഇരുപത്തിരണ്ട് വാക്യങ്ങൾ വീതമാണുള്ളത് എബ്രായ അക്ഷരമാലയ്ക്ക് ഇരുപത്തിരണ്ട് അക്ഷരങ്ങളാണല്ലോ ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തില് എട്ട് വാക്യങ്ങൾ വീതം അതിനൊരു തലക്കെട്ടും വെച്ചിട്ട് എബ്രായ ഭാഷയിലെ ഓരോ ആൽഫാബെറ്റ് വീതം കൊടുത്ത് അങ്ങനെ ഇരുപത്തിരണ്ട് ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് മ മനസിലായോ ഇരുപത്തിരണ്ടെന്ന് പറയുന്നതിന് ഒരു പ്രാധാന്യമുണ്ട് കാരണം എബ്രായ ലിപിയിലെ ഇരുപത്തിരണ്ട് അക്ഷരങ്ങളാണുള്ളത് ഈ ഇരുപത്തിരണ്ട് അക്ഷരങ്ങളിൽ ഓരോന്നാണ് നൂറ്റിപ്പത്തൊൻപതാം സങ്കീർത്തനത്തിലെ ഓരോ ഇട്ടു വാക്യത്തിനും മുകളിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഇരുപത്തിരണ്ട് അക്ഷരങ്ങൾ എന്നുള്ളത് കണക്കിലെടുത്താവണം വിലാപങ്ങളുടെ പുസ്തകത്തിലും ഒന്നും രണ്ടും നാലും അഞ്ചും അധ്യായങ്ങൾക്ക് നാല് അധ്യായങ്ങൾക്ക് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ വീതമാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ എന്നിട്ട് നടുക്കുള്ള അധ്യായം മൂന്നാമത്തെ അധ്യായത്തിന് അറുപത്തിയാറ് വാക്യങ്ങളുണ്ട് അറുപത്തി ആറ് എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ടിൻ്റെ നയം മൂന്നുകൊണ്ട് ഗുണിച്ചാൽ അറുപത്തി ആറ് എത്തും നോക്കുക ഞാന് ഏർ കണക്കിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല അത് വിലാപങ്ങൾ എന്ന് പറയുന്നത് ഒരു കാവ്യമാണല്ലോ അവരെ ഇസ്രായേല് തലമുറയായിട്ട് ഇരിശലേയും നശിപ്പിക്കപ്പെട്ടതിൻ്റെ വാർഷികത്തിൽ അവർ ഈ വിലാപങ്ങളുടെ പുസ്തകം വായിക്കുകയും നിലവിളിക്കുകയും കരയുകയും ഒക്കെ ചെയ്യാറുള്ളതാണ് അവരുടെ ചരിത്രത്തോട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ് അപ്പോൾ അതൊരു കാവ്യപുസ്തകമായ അതിന് അതിൻ്റെതായ വൃത്തവും താളവും ഒക്കെ ഒക്കെ ഉണ്ടാവണം ഒരു വിലാപകാവ്യമെന്നുള്ള നിലയിൽ അതുകൊണ്ടാവാം ഒരുപക്ഷെ ഇരമ്യാവ് അതിൻ്റെ ഒന്നും രണ്ടും നാലും അഞ്ചും അധ്യായങ്ങളെ ഇരുപത്തിരണ്ട് വാക്യങ്ങൾ വീതവും മൂന്നാമത്തെ അധ്യായം ഇരുപത്തിരണ്ടിനെ മൂന്നുകൊണ്ട് മുടിച്ച് അറുപത്താറ് വാക്യങ്ങളും ഒക്കെ ആക്കിയിട്ട് നിർത്തിയിരിക്കുന്നത് ഇരുപത്തിരണ്ടെന്ന് പറയുന്നത് ഇബ്രാഹിം ലിപിയിലെ ഇരുപത്തിരണ്ട് അക്ഷരങ്ങളാണ് അതിനെ കാണിക്കുന്നതാണ് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവര് എപ്പോൾ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ കർത്താവായി യേശു ക്രിസ്തു വിധ ആഹ് ഇറക്കം ഇറങ്ങി വരുമ്പോൾ എരിസ്ലേമിനെ നോക്കി കരഞ്ഞതുപോലെ എരിസ്ലേമേ ഇരിസ്ലേമേ എന്ന ആവർത്തിച്ച് പറഞ്ഞ് അതിനെ ചൊല്ലി ഉച്ചത്തിലെ നിലവിളിച്ചു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ ഇതാ പഴയനിയമഭക്തനായ ഇരമ്യാവു ഈ എരിശിലേ നഗരത്തിന് വന്ന പ്രവാസകാലത്ത് നബഗ്നേശ്വർ അവിടെ നശിപ്പിച്ച് ആളുകളെ പിടിച്ചുകൊണ്ട് പോയതും ഒക്കെ കണ്ടുകൊണ്ട് താൻ അതിനെ ദൃക്സാക്ഷിയുമായിരുന്നു തന്നെ പ്രവാസത്തിന് മുമ്പാണ് കൂടുതൽ കാലവും പ്രവാചകശുശ്രൂഷ നിർവഹിച്ചെന്നാൽ പ്രവാസകാലത്തും കുറച്ച് നാള് താൻ പ്രവാചകശുശ്രൂഷ നിർവഹിച്ചു അതിനുശേഷം താന് കല്ലേറിയേറ്റ് മരിച്ചു എന്നാണ് ഒരു പാരമ്പര്യം പറയുന്നത് എന്നാലേ മറ്റു ചിലർ പറയുന്നത് ഒരു സ്വാഭാവിക മരണമായിരുന്നു ഇരമ്യാവിനുണ്ടായത് എന്നാണ് താന് ആയിരുന്ന ആ പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ട് അവിവാഹിതനായിട്ട് പൂർണ്ണമായിട്ട് നിലനിന്ന ഒരു വലിയ ഒരു പ്രവാചകനാണല്ലോ ഇരമ്യാവ് ആ ഇരമ്യാവ് താന് താന് കല്ലേറിയേറ്റാണ് ഒടുവിലെ കൊല്ലപ്പെട്ടത് എന്നാണ് നമ്മൾ ഒരു പാരമ്പര്യം പറയുന്നത് എബ്രായർ പതിനൊന്നിൻ്റെ മുപ്പത്തി ഏഴിൽ നമ്മൾ വായിക്കുന്ന ചിലർ കല്ലേറേറ്റു എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇരമ്യാവിൻ്റെ ആ ജീവിതത്തോട് ബന്ധപ്പെട്ടായിരിക്കും ഏതായാലും ആ യരിശിലെ വിലപിക്കുന്ന ഒരു വിലാപങ്ങളുടെ ഒരു പുസ്തകം തന്നെ ഉണ്ട് അഞ്ച് അധ്യായങ്ങളുള്ള ആ വലിയ പുസ്തകം ആ പുസ്തകത്തിൽ ഇതാ നമ്മൾ കർത്താവായി യേശു നഗരത്തെക്കുറിച്ച് വിലപിച്ചതുപോലെ തന്നെ അതിൻ്റെ പല അധ്യായങ്ങളിലും ഇരമ്യാവ് എരിശിലേമൻ്റെ പതനത്തെക്കുറിച്ചും ദൈവക്രോധം അതിനെ മേലെ ചൊരിഞ്ഞതിനെ കുറിച്ചും എന്നിട്ട് ആ നഗരത്തിന് വേണ്ടിയുള്ള ഇരമ്യാവിൻ്റെ പ്രാർത്ഥനയും വിലാപവും ഒക്കെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും ഞാൻ അതിൻ്റെ അകത്തു ഒരു വാക്യം ഒരു വാക്യം വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു വാക്യം മാത്രം നമുക്ക് നോക്കാം വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം വിലാപങ്ങൾ മൂന്നിൻ്റെ ഇരുപത്തിരണ്ട് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോയുടെ ദയ അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അത് തോറും പുതിയതും നിന്റെ വിശ്വസ്ഥത വലിയതുമാകുന്നു കണ്ടോ ഇരമ്യാവ് താന് പറയുന്നു നാം തീർത്തും മുടിഞ്ഞു പോകാതിരിക്കുന്നത് നമ്മൾ പലരെയും പ്രവാസികളായിട്ട് പിടിച്ചുകൊണ്ട് പോയി നഗരം ഒരളവിലെ ഭാഗികമായിട്ട് നശിപ്പിക്കപ്പെട്ടു എന്നാൽ നാം പൂർണ്ണമായും മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോയുടെ ദയ ആകുന്നു അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അത് രാവിലെ തോറും പുതിയതും വിശ്വസ്തത വലിയതുമാകുന്നു അങ്ങനെ ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത് ഫുൾനെസ് വിശ്വസ്തത വലിയതുമാകുന്നു ഇംഗ്ലീഷിലെ വളരെ പ്രശസ്തമായ ഒരു പാട്ടാണ് ഓ ലോഡ് ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത് എന്നുള്ള പാട്ട് നമ്മളും ചിലപ്പോൾ പാടാറുള്ളതാണ് ആ പാട്ട് ഈ വരികളിൽ നിന്നാണ് എഴുതിയിട്ടുള്ളത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കർത്താവിൻ്റെ ദയ അവൻ്റെ കരുണ അത് രാവിലെ തോറും പുതിയതാണ് വലിയതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് കടന്നു ഒരു കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ ദൈവം ലോകത്തെ നോക്കിയും വിശ്വാസ ആ നിലയിൽ ഉള്ള ഒത്തുതീർപ്പ് മനോഭാവത്തെയൊക്കെ നോക്കി കർത്താവ് വിലപിക്കുകയാണ് നമ്മളും എന്താ വേണ്ടത് നമ്മളും കർത്താവിൻ്റെ മനോഭാവം എടുത്ത് നമ്മളും ഇരമ്യ പ്രവാചകനെ പോലെ ഈ കാലഘട്ടത്തിന് വേണ്ടി നിലവിളിക്കുന്നവരായിരിക്കണം നമ്മൾ നിലവിളിക്കുമ്പോൾ നമ്മളെന്തിലാണ് ഊന്നേണ്ടത് കർത്താവിൻ്റെ വിശ്വസ്തതയിലാണ് ഓ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു ഉള്ള ദയയിൽ മനുഷ്യരോടുള്ള ദയയിൽ അവൻ്റെ കരുണയിൽ തോറും പുതിയതായ വിശ്വസ്തതയിൽ വലിയതായ വിശ്വസ്തയിൽ ഇതിലൊക്കെ ഊന്നി നിന്നുകൊണ്ട് നമ്മളിവിടെ ഇരുമ്യാവിനെ പോലെ കർത്താവിനെ പോലെ നമ്മളായിരിക്കുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടി പ്രത്യേകിച്ചും പല പ്രയാസങ്ങളിലൂടെ ലോകവും കടന്നു പോകുമ്പോൾ നമുക്കും ഇതിനെ ഓർത്ത് നമുക്ക് മധ്യസ്ഥത ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ആ നിലയിൽ കർത്താവിൻ്റെ മനോഭാവമുള്ളവരായിട്ട് നമുക്കായിരിക്കാം ഇന്ന് ലോകം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് മഹാമാരിയും അതിനെ തുടർന്നുള്ള സാമൂഹ്യ വ്യാപനവും അതിൻ്റെയൊക്കെ ഭീഷണി നമ്മുടെ ആയിരിക്കുന്ന സംസ്ഥാനത്തും നമ്മളായിരിക്കുന്ന സ്ഥലത്തും ഒക്കെ വളരെ ആ നിലയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളായിരിക്കുന്ന ഒരു കാലഘട്ടത്തിനു വേണ്ടി കർത്താവിനെപ്പോലെ ഇരമ്യാവിനെ പോലെ മത്യസ്ഥത നിൽക്കാനും അതിനെ ഓർത്ത് വിലപിക്കാനും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ കണ്ടുണരാനും ഒക്കെയുള്ള ഒരു അവ അവസരമായിട്ട് ഇതിനെ നമ്മൾ കാണണം നമ്മളങ്ങനെയാണല്ലോ ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ ആയിരിക്കുന്ന കാലഘട്ടത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യാനും മത്യസ്ഥത ചെയ്യാനും ഒക്കെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണല്ലോ നമ്മളെ വിലാവങ്ങളുടെ പുസ്തകം മൂന്നിൻ്റെ ഇരുപത്തി വായിച്ചതുപോലെ ദൈവം നിൻ്റെ ദയ രാവിലെ കരുണ പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു കർത്താവ് വിശ്വസ്തനാണ് വിശ്വസ്തനായ ദൈവത്തെ നമുക്ക് കാണാം കർത്താവ് നമ്മൾ കഴിഞ്ഞൊരു ദിവസവും ഇതിനെക്കുറിച്ച് ചിന്തിച്ചതാണ് കർത്താവ് വിശ്വസ്തനാണെന്ന് പറയുന്ന പല വാക്യങ്ങൾ നമ്മൾ ഒന്ന് തെസ്ലോനിക്കറുടെ ലും രണ്ട് തെസ്ലോനിക്കറിലും നമ്മൾ ഇടയായി കർത്താവ് വിശ്വസ്തനാണ് കർത്താവ് വിശ്വസ്തനാണ് അവിടുന്ന് നമ്മൾ ഒന്ന് തെസലോനിക്കർ അഞ്ചിൻ്റെ ഇരുപത്തിനാലിൽ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അതുപോലെ രണ്ട് തെസ്ലോനിക്കർ മൂന്നിൻ്റെ മൂന്നിലും കർത്താവോ വിശ്വസ്തൻ എന്ന് നമ്മൾ കഴിഞ്ഞൊരു ദിവസവും ചിന്തിക്കുകയുണ്ടായി പ്രിയപ്പെട്ടവർ ഇത് രണ്ടും തെസലോനിക്കർക്കെഴുതിയിരിക്കുന്ന ലേഖനത്തിലെ രണ്ട് വാക്യങ്ങളാണ് കർത്താവിൻ്റെ വിശ്വസ്തതയെ ഈ തെസലോനിക്കരോട് എന്തിനാണ് പൗലോസ് ഇത്രയേറെ ഊന്നി പറയുന്നത് കാരണം തെസലോനിക്ക ആ സഭ രൂപപ്പെട്ടതിനെക്കുറിച്ച് നിങ്ങൾ അപ്പോസില പ്രവർത്തി പതിനേഴാം അധ്യായം നോക്കിയാൽ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും പൗലോസും ഷീലാസും തെസ്ലോനിക്കയിൽ ചെന്ന മൂന്ന് ശപത്തിൽ മൂന്ന് ശപത്തേ അവർക്കവിടെ സുവിശേഷം അറിയിക്കാൻ കഴിഞ്ഞുള്ളൂ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ അവർക്കെതിരെ തിരിഞ്ഞു വീട് യാസോൻ എന്നൊരാളുടെ വീട് വളഞ്ഞു ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി യാസോൻ അവരെ കൈക്കൊണ്ടു വിരിക്കുന്നു എന്ന് പറഞ്ഞ് പൗലോസിനെയും ഷീലാസിനെയും പിടിക്കാനായിട്ട് തുടങ്ങി പൗലോസിനെയും ഷീലാസിനെയും സഹോദരന്മാരെ അവിടെ നിന്ന് ബെരോവയിലേക്ക് അയച്ചു ഇതൊക്കെയാണ് നമ്മൾ അപ്പൊ സലപ്പുറത്തി പതിനേഴിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ് തെസലോനിക്കയിൽ ഒരു സഭ അപ്പോൾ പൗലോസും ഷീലാസും ബെരോവയിലേക്ക് പോയെങ്കിലും തെസലോനിക്കയിൽ ഉണ്ടായിരുന്ന ആ സഭ വലിയ പീഡനത്തിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയി അങ്ങനെ പീഡനങ്ങളിലൂടെയും പ്രയാസത്തിലൂടെയും അവർ കടന്നു പോയപ്പോൾ അവിടുന്ന് പൗലോസ പിന്നീട് അവരെ ആശ്വസിപ്പിക്കുമ്പം എന്താ പറയുന്നത് അവരോട് പറയുന്നത് കർത്താവ് വിശ്വസ്തനാണ് എന്നുള്ള ആ ഒരു കാര്യത്തിൽ ഊന്നി നിൽക്കാനാണ് അവരോട് പറയുന്നത് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അതുപോലെ തന്നെ രണ്ട് ദശലിക്കാർ മൂന്നിൻ്റെ മൂന്നിൽ കർത്താവോ വിശ്വസ്തൻ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ആ വിശ്വസ്തതയെ അവരുടെ മുൻപാകെ പറയുകയാണ് ചെയ്യുന്നത് നമ്മളും ഇന്ന് കടന്നു പോകുന്ന സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മളെ തീർ മുടിഞ്ഞു പോകാതിരിക്കുന്നത് കർത്താവിൻ്റെ ദയയും കരുണയുമാണ് അത് തോറും പുതിയതും അവിടുത്തെ വിശ്വസ്തത വലിയതുമാണ് കർത്താവ് വിശ്വസ്തനാണ് അവിടുന്ന് അത് നിർവഹിക്കും അവിടുന്ന് വിശ്വസ്തൻ എന്നുള്ള നിലയിൽ കർത്താവിൻ്റെ വിശ്വസ്തതയിൽ ഊന്നി നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്കിന്ന് ഈ കാലഘട്ടത്തെ അഭിമുഖീകരിപ്പിനുള്ള ധൈര്യം നമുക്ക് ലഭിക്കുന്നത് ഈ തെസ്ലോനിക്കറിയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ആ തെസ്ലോനിക്കർ എഴുതിയ ആ ലേഖനത്തിൽ തന്നെയാണല്ലോ പൗലോസ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള പ്രശസ്തമായ വാക്യങ്ങളും പറയുന്നത് ഒന്ന് തെസ്ലോനിക്കാർ നാലിൻ്റെ പതിനാറ് കർത്താവ് താൻ ഗംഭീരത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും എന്നൊക്കെ പറയുന്നു നമുക്കറിയാം പ്രിയപ്പെട്ടവരെ അവിടെ നമ്മൾ കാണുന്നത് എന്താ ഒന്ന് തെസ്ലോനിക്കർ നാലിൻ്റെ പതിനാറിൽ അവിടെ പറഞ്ഞിട്ട് ഒടുവിൽ പറയുന്നു ഈ വചനങ്ങളെ കൊണ്ട് അന്യോ അന്യം ആശ്വസിപ്പിച്ച ഒഴിവിൽ സഭ വലിയ പീഡനത്തിലൂടെ കടന്നു പ്രയാസങ്ങളിലൂടെ കടന്നു അങ്ങനെ പീഡനങ്ങൾ ഉള്ളപ്പോഴാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള പ്രതീക്ഷ അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷ വളരെ സജീവമായിരിക്കുന്നു അതുകൊണ്ടാണ് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും എന്നുള്ള പ്രശസ്തമായ വാക്യം പെസിലോണിക്കർക്കുള്ള ലേഖനത്തിൽ തന്നെ കാണുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും നമ്മളും ഇന്നായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വളരെ സജീവമാണ് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു നമുക്കല്ലാതെ വേറെ ആശ്വസിക്കാനായിട്ടൊന്നുമില്ല കർത്താവിൻ്റെ വിശ്വസ്തതയിലും കർത്താവ് വീണ്ടും വരുമെന്നുള്ളതിലും ഒക്കെ ഊന്നി നിന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഇന്നായിരിക്കുന്ന കാലഘട്ടത്തിന് വേണ്ടി പക്ഷവാതം ചെയ്യാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മളെ വിലാവങ്ങളുടെ പുസ്തകം ഇരമ്യാവ് ഈ ഒരു ആത്മാവിൽ എഴുതിയതിനെക്കുറിച്ചൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത് ഒരു വാക്യം അതിൻ്റെ അകത്ത് വിലാവങ്ങളുടെ പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏതാണ്ട് അതിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അഞ്ചിൻ്റെ ഇരുപത്തിയൊന്ന് ആ വാക്യം കൂടെ നമുക്ക് നോക്കാം യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടങ്ങി വരുത്തേണമേ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ ഇവിടെ കണ്ടോ പ്രവാചകൻ പറയുന്നു യഹോ വേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ റിസ്റ്റോർ യു ഓ ലോഡ് നമ്മളെ യഥാസ്ഥാനപ്പെടണമെങ്കിൽ കർത്താവിലേക്ക് മടങ്ങി വരണമെങ്കിൽ കർത്താവിലേക്ക് ഞങ്ങൾ മടങ്ങി വരണമെങ്കിൽ കർത്താവ് തന്നെ ഞങ്ങളെ അങ്ങയിലേക്ക് മടക്കി വരുത്തണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ വാക്യം ഇരമ്യാവിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നിൻ്റെ പതിനെട്ടും പത്തൊൻപതിനോടും നമുക്ക് താരതമ്യപ്പെടുത്തി ചിന്തിക്കാം ഇരമ്യാവ് മുപ്പത്തൊന്നിൻ്റെ പതിനെട്ട് പത്തൊൻപത് നീ എന്നെ ശിക്ഷിച്ചു മരുക്കമില്ലാത്ത കാളക്കുട്ടിയെപ്പോലെ ഞാൻ ശിക്ഷ പ്രാപിച്ചിരിക്കുന്നു ഞാൻ മടങ്ങി എന്നെ മടക്കി വരുത്തണമേ നീ എൻ്റെ ദൈവമായി ഹോവിയല്ലോ നമ്മുടെ നമ്മളിവിടെ രണ്ടടുത്തും കണ്ടത് ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് നീ തന്നെ ഞങ്ങളെ മടക്കി വരുത്തണം ഇരമയാവും മുപ്പത്തൊന്ന് പതിനെട്ട് പത്തൊമ്പതിൽ കണ്ടത് ഞാൻ മടങ്ങി വരേണ്ടതിന് നീ തന്നെ എന്നെ മടക്കി വരുത്തണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ യഥാസ്ഥാനപ്പെടേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിനും നമുക്ക് ആശ്രയിപ്പാനുള്ളത് കർത്താവിനെ തന്നെയാണ് കർത്താവിനോട് പറയാൻ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിൽ അങ്ങനോടുള്ള വിശ്വസ്തതയിൽ ഒക്കെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു അതിന് മടങ്ങി വരാനായിട്ട് നീ തന്നെ ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് നമ്മൾ പറയുകയാണ് ഇരമ്യാവിനെ പോലെ നമുക്കും വേണ്ടത് വിലാപങ്ങൾ അഞ്ചിൻ്റെ ഇരുപത്തൊന്നും ഇരമ്യാവ് മുപ്പത്തൊന്നിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇരമ്യാവിൻ്റെ തന്നെ വളരെ പ്രശസ്തമായ ഒരു വാക് ഒരു വാക്യമാണല്ലോ ഇരമ്യാവ് ഇരുപത്തൊൻപതിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ പ്രയാസങ്ങളുടെ മധ്യത്തിലും ഇരമ്യാവ് എന്തു ചെയ്യുന്നില്ല പ്രതീക്ഷ വിട്ടുകളയുന്നില്ല ദൈവത്തിലുള്ള ആശ്രയം വിട്ടുകളയുന്നില്ല ഇരമ്യാവ് ഇരുപത്തി ഒൻപത് പതിനൊന്ന് പതിമൂന്നിൽ പറയുന്നു നിങ്ങൾ പ്രത്യാശിക്കുന്ന ശിവഭാവി വരുവാൻ ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കെല്ലാം നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്നെവയുടെ അറളപ്പാട് നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും എന്നേ ഹോവിടെ എറളപ്പാട് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു ഈ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ലോകമനുഷ്യരെ പോലെ പ്രതീക്ഷയില്ലാത്തവരെ പോലെയല്ല നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ശിവഭാവി നമ്മളെക്കുറിച്ച് ദൈവം നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അത് നമ്മുടെ നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങളാണ് എന്ന് നമ്മൾ കാണണം അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ ഇരമയാവ് ഇരുപത്തി ഒൻപത് പതിനൊന്ന് വാക്യങ്ങളാണ് അവിടെ പറയുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും കണ്ടോ നമ്മളവിടെ നേരത്തെ പറഞ്ഞ വിലാപങ്ങൾ അഞ്ചിന്റെ ഇരുപത്തൊന്നിൽ ഞങ്ങൾ മടങ്ങി ഞങ്ങളെ നീ തന്നെ മടക്കി വരുത്തേണമേ മുപ്പത്തൊന്നിൻ്റെ ഇരമയാവ് മുപ്പത്തൊന്ന് പതിനെട്ട് പത്തൊൻപതിൽ ഞാൻ മടങ്ങി എന്നെ മടക്കി വരുത്തേണമേ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും അപ്പോൾ കർത്താവിലാണ് കർത്താവ് ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തരും കർത്താവിലേക്ക് യഥാസ്ഥാനപ്പെടാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടായാൽ മതി കർത്താവ് അത് ചെയ്തു എന്നാണ് ഈ മൂന്നിടത്തും ഊന്നൽ കർത്താവ് അത് കണ്ടെത്തുവാനിടയാക്കും കർത്താവ് തന്നിലേക്ക് തന്നെ നമ്മെ മടങ്ങി വരുത്തും എന്നെല്ലാമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് വന്ന് ചിന്തിച്ച കാര്യങ്ങളോട് ബന്ധപ്പെട്ട് നമുക്കിങ്ങനെ പറയാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് കർത്താവിങ്കിലേക്ക് മടങ്ങി വരാം കാര്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിലോ മറ്റ് ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൽ നമ്മുടെ കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകളെ കണ്ടുണർന്ന് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുകയും ചെയ്യുക അപ്പോൾ അവനെ കണ്ടെത്തും കണ്ടെത്തുവാൻ അവനിടയാക്കും നോക്കുക കർത്താവിന് നമ്മളെ കുറിച്ച് കരുണയുണ്ട് അവിടുത്തെ സന്നിധിയില് അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ യഥാസ്ഥാനപ്പെട്ടതിന് ശേഷം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തെ ഓർത്ത് നമ്മളെ ദൈവസന്നിധിയില് അതിനു വേണ്ടി പക്ഷവാതം ചെയ്യുക വിലാപങ്ങൾ രണ്ടിൻ്റെ പതിനെട്ടാം വാക്യം സിയോൻ പുത്രിയുടെ മതിലേ രാവും പകലും ഓലോലോ കണ്ണുനീരൊഴുക്കുക നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത് രാത്രിയിൽ യാമാരംഭത്തിങ്കിൽ തന്നെ എഴുന്നേറ്റ് നിലവിളിക്കുക നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃ സന്നിധിയിൽ പകരുക വിലാപങ്ങൾ മൂന്നിൻ്റെ അമ്പത്തി ആറ് അമ്പത്തി വാക്യങ്ങൾ കണ്ടോ എൻ്റെ നടുതീർപ്പിനും എൻ്റെ നിലവിളിക്കും ചെവി കുത്തി എന്നുള്ള എൻ്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്ന് ഭയപ്പെടണ്ട എന്നാ പറഞ്ഞു കർത്താവ് അപ്പോൾ നമ്മളെ തള്ളിക്കളയുകയില്ല നമുക്ക് ദൈവസന്നിധിയിൽ ഈ കാലഘട്ടത്തിനു വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവ് എരിശിലെ നഗരത്തെ ഓർത്ത് കരഞ്ഞതുപോലെ ഇരമ്യാവ് ആ നഗരത്തെ ഓർത്ത് വിലപിച്ചതുപോലെ നമുക്കും ആ ഒന്നാമത് നമുക്ക് കർത്താവിനോട് യഥാസ്ഥാനപ്പെടാം കർത്തൃ സന്നിധിയിൽ നമുക്ക് ക്രമീകരിക്കേണ്ട ക്രമീകരിക്കാം എന്നിട്ട് ഈ കാലഘട്ടത്തിന് വേണ്ടി നമുക്ക് നിലവിളിക്കാം ഓല ഓല കണ്ണുനീരൊഴുക്കാം നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലുമ്പം വിശ്വാസത്തോടെ ചെല്ലാം വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്ന് ഭയപ്പെടേണ്ട എന്ന് പറയൂ നീ എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എൻ്റെ നിലവിളിക്ക് ചെവി പൊത്തി എന്നുള്ള ഉറപ്പോടെ നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലാം അപ്പൊ ഒലിയുമലയുടെ ആ ഇറക്കമിറങ്ങി ഖിദ്രോൻ താഴ്വരയിലൂടെ വരുമ്പോൾ കർത്താവ് നഗരത്തെ കാണുന്നു നഗരത്തിനു വേണ്ടി പക്ഷപാതം ചെയ്യുന്നു ആ ഒരു മധ്യസ്ഥതയുടെ ആത്മാവിൽ നമുക്ക് നമ്മളെ തന്നെ ക്രമീകരിക്കുകയും നമ്മളായിരിക്കുന്ന ഒരു കാലഘട്ടത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുകയും ചെയ്യാം അതിന്